ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നിങ്ങളുടെ ഈ ദിനവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തില്ലേ അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ തന്നെക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നു ഐഹിക ജീവിതം ഞങ്ങളെ വഞ്ചിച്ചു അവർ തങ്ങൾ സത്യനിഷേധരായിരുന്നുവെന്നും തങ്ങളുടെ തന്നെക്കെതിരെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും